ശരി <coughs> ശരി <coughs> <coughs> <coughs> മനോഹരമായ പദ്ധതി ഈ കൗതുക കൗതുകഹീകരങ്ങൾ കൗതുകം എന്ന് പറയുന്നത് പ്രസാധാരണ മലയാളത്തിൽ പറയുന്നത് തന്നെയാണ് കൗതുകത്തോടുകൂടി കാണുന്നു നോക്കുന്നു കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു താല്പര്യ താല്പര്യത്തോട് ആശ്ചര്യവും അർത്ഥം സംസ്കൃതത്തിനുമാർക്കും തന്നെയാണ് ഈ കൗത്തുക വിദഗ്ധമായ കൗതുകൾ ഉള്ളവർ ഇത് ആധ്യാത്മികമായ സന്ദർഭത്തിൽ ആത്മജ്ഞാനത്തിൻ്റെ സന്ദർഭത്തിൽ പറയുമ്പോൾ കൗതുകമില്ലാത്തവരെന്ന് പറയുമ്പോൾ ഒരു സാധാരണാർത്ഥത്തിലല്ല ഭൗതികമായ ആസക്തി കൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നിരന്തരം താല്പര്യത്തോടുകൂടി ജിജ്ഞാസയോടുകൂടി ആശ്ചര്യത്തോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിനെ പ്രേരിപ്പിക്കുന്ന ഭൗതികമായ ആശക്തി മനുഷ്യരെല്ലാം അങ്ങനെയാണ് അപ്പോ അത് വിഗതമായ അത് നിശ്ചമായ മനസ്സോടുകൂടിയത് അങ്ങനെ അർത്ഥം പറയാൻ കാരണം മുമ്പോട്ട് പറയുന്നു അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള മനസ്സെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എവിടെ പ്രവർത്തിക്കുന്നു ലൗകികമായ കാര്യങ്ങളിൽ തന്നെ പക്ഷെ അത് ആസക്തിയോടുകൂടിയത് ആസക്തി എന്ന് പറയുമ്പോൾ ഭൗതികമായ രാഗം അല്ലെങ്കിൽ ഭൗതികമായി വരുന്ന മറ്റു വികാരങ്ങൾ അതിൻ്റെ പ്രേരണ കൊണ്ട് ഭൗതിക വിഷയങ്ങൾ കൗതുകപൂർവം അതിനെ പിന്തുടരുന്ന ഒരു മനസ്സല്ല എന്നാൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വാസുഷ്ടത്തിൽ മുഴുവൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സ് വികത വികൽപ്പവിപ്ലവ അവിടെ വികതമായ ഇല്ലാത്തതായ വിസിച്ചതായ വികൽപ്പവിപ്ലവങ്ങൾ വികല്പ നാനാപക്ഷങ്ങൾ വിപ്ലവം പ്ലോഗവും കത്തിക്കുന്നതിന് ജ്ഞാനാർത്ഥമാണ് വിരുദ്ധങ്ങളായ ഗതികൾ ചിത്രത്തിൻ്റെ ഗതികൾ വിരുദ്ധങ്ങളായ ആശയങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങൾ അവർ ഭൗതികമായ രാഗവും ഭൗതികമായ ആസക്തിയും ബന്ധപ്പെടുത്തി അവിടെ പറയും കേവലം ഭൗതികമെന്നുള്ള അർത്ഥത്തിലല്ല കേവലമായ ഭൗതികത്ത് ഇവിടെ നിഷേധിക്കുന്നു പക്ഷെ അത് രാഗപ്രേരിതമായിരിക്കരുത് അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലായിരിക്കരുത് ഭയം ഉത്കണ്ഠം അനുസരിച്ച് ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും എന്തിനും വിരുദ്ധമായ ആശയങ്ങളെന്നു പറയുന്ന മനോവൃത്തികളാണ് മനസ്സിൽ വിരുദ്ധമായി വരുന്ന ഇതൊക്കെയാണ് സദാസുഖം മനുഷ്യനും ബുദ്ധിമുട്ടുക മനസ്സിൽ അമിതമായ ഉത്കണ്ഠകൾ ആശങ്കകളുണ്ടെങ്കിലും മനസ്സിൽ ശരിയാണ് അസ്വസ്ഥമാണ് അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിന്റെ അസ്വസ്ഥതയെ പരിഹരിക്കുന്ന കാര്യങ്ങളാണ് അത് ആ മനസ്സിൻ്റെ അസ്വസ്ഥതകളെന്ന് പറയുന്നത് മനോവികാരങ്ങളും മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് വിപ്ലവം വിരുദ്ധാശയങ്ങൾ നമ്മൾ പറയുന്നു അങ്ങനെ നല്ലൊരു വിപ്ലവ ഇത് നിലവിലിരിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളുമായിട്ടുള്ളത് പ്പോ അതിൽ തന്നെ എന്താണ് വികല്പങ്ങൾ നാനാപക്ഷം ഒരു മനുഷ്യന്റെ ഒരു സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ സദാകരണ ഒരവസ്ഥയാണ് അസ്വസ്ഥമായ മനസ്സ് അസ്വസ്ഥമായ മനസ്സോടുകൂടി മനുഷ്യൻ അവന്റെ ഉള്ളിലിരിക്കുന്ന രാഗത്താൽ പ്രേരികനായി ഭൗതികമായ ആസക്തിയോടുകൂടി ഒന്നിനു പുറകെ ഒന്നായി മനസ്സിങ്ങനെ പാഞ്ഞു നടക്കണം അതില്ലാതെ അതിന് പറയുന്ന ഉദാഹരണം ആരെ പോലെ യഥാസ്ഥിത ഹരിഹര പത്മജ് എങ്ങനെയായിരിക്കണം മനസ്സ് ഹരി ഹരൻ പത്മജാൻ മൂന്ന് പേരെ പറയുന്നത് മൂർത്തികളെ പോലെയായിരിക്കും നമ്മുടെ അത് വളരെ ബോധപൂർവീ ഉദാഹരണം ഉണ്ടായിരുന്നു സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് ശമധനന്മാർ എന്നൊക്കെ പറയുന്നത് ഒക്കെ പോകുന്ന രീതികളൊക്കെ അവരൊക്കെയാണെങ്കിൽ എന്ത് ചെയ്തു കണ്ണിടച്ച് യോഗാത്തരമായ തപസ്സിനും ധ്യാനത്തിനൊക്കെ ചെയ്യുന്ന ഇവരും മൂന്ന് പേരും അങ്ങനെയല്ല മൂന്നുപേരും ഒരുപാട് പണിയുള്ളവരാണ് ഹരി പരിപാലനം എന്ന് പറയുന്ന കർമ്മത്തിലേർപ്പെട്ടിരിക്കുകയും ഭരൻ സംഹാരമെന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ് സൃഷ്ടി മൂന്ന് കർമ്മത്തിൽ മുഴുകിയിരിക്കുക മൂന്ന് പേരും അവരവരുടെ കർമ്മത്തിൽ മുഴുകിയിരിക്കുക എന്നാൽ അവരെയാണ് കൂടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് യഥാസ്ഥിത നിരന്തരം അവരവരുടെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നുണ്ടെങ്കിലും അവരെങ്ങനെയുള്ള ഒരാളെ വിവരത്തുക്കാഹ വികതാഹ അവർക്ക് നിശ്ചിന്തരായി അവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നാണ് കൂടെ പറയും യഥാർത്ഥ അതുപോലെയായിരിക്കും മരിക ദേവന്മാരാണ് അല്ലെങ്കിൽ ദൈവങ്ങളാണ് അപ്പോ ഈ ഇവര് എങ്ങനെയാണോ അവരെ ഒരു ഉദാഹരണമായിട്ടാണ് കാണിക്കുന്നത് അവരുടെ പ്രവൃത്തികളിൽ അവർ മുഴുകിയിരിക്കുമ്പോഴും അവരുടെ അന്ധക്കരണം മറ്റൊരു തലത്തിലാണ് അങ്ങനായിരിക്കണമെന്നാണ് എന്തുകൊണ്ട് അവർ സാധാരണ മനുഷ്യരല്ല അവരെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അപ്പൊ അവർ സാധാരണക്കാരായി ജീവൻ വഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പ്രധാനമായിട്ടുള്ള അങ്ങനെ കർമ്മങ്ങൾ മുഴുകിയിരിക്കുമ്പോഴും ഇത് പറയുന്ന ആരോടല്ല കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ മുഴുകേണ്ടവരോട് പറയും അല്ലാതെ കർമ്മങ്ങളിൽ നിന്ന് പിൻവലിയുന്നവരെ കുറിച്ചല്ല ഇവിടെ രാമൻ കർമ്മങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു വിരക്തനായിരിക്കും എല്ലാം ഉപേക്ഷിച്ചിരിക്കേണ്ടത് ഇതൊന്നും വേണ്ടാകും അങ്ങനെയുള്ള രാമന് എന്താ ഉദാഹരണമായി കാണിച്ചു കൊടുക്കുന്നതിന് നിരന്തരം ഈ പ്രപഞ്ച കർമ്മങ്ങളിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നു പക്ഷെ അവരങ്ങനെ ഇരിക്കുമ്പോൾ അവരും കർമ്മത്തിൽ മുഴുകീകരിക്കാതെ ശ്വാസം മുട്ടി കർമ്മം ചെയ്യുന്നത് നമ്മളെ കർമ്മത്തിൻ്റെ ഈ തട്ടും തടയുമൊക്കെ ഏർക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന മനസ്സോടുകൂടി പ്രവൃത്തിയിൽ മൊഴുകീകരിക്കുന്നത് വളരെ ഉത്സാഹപൂർവ്വം കർമ്മങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ കഥ കടിച്ചിരുന്ന് പശ്ചാത്താപത്തോടുകൂടി കരുകയും ചെയ്യുന്ന മനുഷ്യരെ എല്ലാവരെയും എടുത്ത് കാണുന്നു സാധാരണ മനുഷ്യർ അങ്ങനെയാണ് പ്രവർത്തിക്കും പിന്നെ പശ്ചാത്തലം അത്യുത്സാഹത്തോടുകൂടി കർമ്മങ്ങളേർപ്പെടും പിന്നെ നിരാശയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കും ഇവർക്കിതിലൊന്നും സമയമില്ല ഹരിക്കും ഹരനും പത്മജനം എന്താണ് കരയാനും സമയമില്ല നിരന്തരം പ്രവൃത്തിയാണ് അപ്പൊ അവരുടെ മനസ്സിന്റെ നിശ്ചിന്തതയിൽ നിന്നാണ് ആ നിശ്ചിന്തതയാണ് വികോത്ത് കഥ വികൽപ്പവിപ്ലവ യഥാസ്ഥിത അവരെങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ സ്ഥിതി എന്ന് പറയുന്ന അവരുടെ മനസ്സിന്റെ സ്ഥിതി അവരുടെ അന്ധകരണത്തിന്റെ സ്ഥിതി അതെങ്ങനെയാണോ തഥാ നരോക്തമാഹാ നരന്മാരൻ ശ്രേഷ്ഠരായിട്ടുള്ളവർ മനുഷ്യന്റെ അപ്പോൾ രാമനൂടെ ഒരു മാതൃക കാണിച്ചു കൊടുക്കും അതുപോലെയായിരിക്കണം അതായിരിക്കണം മാതൃക അയാൾ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല ആന്തരികമായ സ്ഥി പ്രധാനം നിരോധമാത്മദീപകാഹ ആത്മപ്രകാശത്തെ പ്രാപിച്ചവർ സമ്മതിഗതന്മാരും നേടിയ ആത്മദീപകം ആത്മവിളിച്ച ആത്മപ്രകാശം ഇവിടെ ഇതിന്റെ ഈ മായ എല്ലാ വേഖലകളും മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇവിടെ പറയുന്നത് ആത്മബോധം തന്നെയാണ് ആത്മവിളിച്ചത്മവിളിച്ചോ ഇങ്ങനെ പരിഹാരമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തോന്നുന്നു അതൊക്കെ ആർക്കാണോ അനുകൂലമായി തോന്നുന്നു ഇഷ്ടമെന്ന് തോന്നുന്നു അവർക്കത് പരിഹാരമായി എല്ലാവർക്കും പറ്റത്തില്ല അംഗീകരിക്കാത്തത് അപ്പൊ ഇവിടെ ആത്മാവ് അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കല്ല ഇവിടെ പോകും ആത്മാവിനെ സമർത്ഥിക്കുക അമ്മാവ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഗുണമാണ് ഇങ്ങനെ പറയുക പിന്നെ അതിനെ സമർത്ഥിക്കുക സമർപ്പിക്കുന്നതിന് വലിയ പ്രമാണ യുക്തി കൊണ്ടുവരിക ഇത്തരം ഒരു പ്രവൃത്തിയല്ല ഇവിടെ ചേര് കാരണം അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ എതിർത്ത ഒരുപാട് പേര് സ്വാഭാവികമാണ് നിങ്ങൾ പറയുന്ന ഈ ആ പദപ്പം അത് എന്താണ് അതങ്ങനെയല്ല എന്ന് ഈ മാംസമാർ പറയും ഈ നൈയാഗ്യന്മാർ പറയും വൈശേഷികന്മാർ പറയും യോഗികൾ പറയും അത് ശങ്കരാചാര്യർക്ക് മുമ്പുള്ള അതിനുശേഷം വന്നു മുമ്പുള്ളവര് പറഞ്ഞു ശരി അവർക്കെല്ലാം സമാധാനം പറഞ്ഞ് ശങ്കരാചാര്യങ്ങനെ ആത്മാവിനെ സമർപ്പിച്ചു പ്രശ്നം തീർന്നുമില്ല അതിനുശേഷം വന്നുകഴിഞ്ഞാൽ ശിവന്മാരും സത്തേയന്മാരും നിഷ്ഠാദ്വൈതികളും മറ്റ് ദ്വൈതികളും എല്ലാവരും വന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർക്കുകയാണ് നിങ്ങളീ പറയുന്നത് ശരിയല്ല ഈ പറയുന്ന ആത്മതത്വത്തെയൂടെ വിശദീകരിക്കുന്ന രീതിയിൽ സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മള് ബ്രഹ്മസൂത്രത്തിലും കാണുന്ന പോലെ പൂർവർഷത്തിൽ സിദ്ധാന്തം ഊംഗിക്കും ഓർവർഷം കൂടും കാരണം അതിന് ഒരുപാട് പേരുണ്ട് സിദ്ധാന്തം പറയാൻ ഒരാളെ ഒരുപാട് പേരൊന്ന് ശബ്ദിക്കുമ്പോൾ നമ്മൾ സമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി പറയും നിങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് എന്ന് ചോദ്യം ചോദിക്കാൻ തോന്നി എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല അതാണ് അദ്വൈനിയുടെ ശങ്കരാചാര്യ അവസ്ഥ ശങ്കരാചാര്യക്ക് മുമ്പും അങ്ങനെ ഉൽക്കാലത്തുണ്ട് വാദത്തിലൂടെ തർക്കത്തിലൂടെ സമൃദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പുറവുവങ്ങൾ ശരിയായാലും തെറ്റായാലും അതിന്റെ ഇതങ്ങ് ഈ ശബ്ദം അങ്ങ് അത് മുമ്പുകൊണ്ട് പിമ്പുകൊണ്ട് എതിർപ്പുകൾ അപ്പൊ ആ ഒരു ശൈലിയല്ല ഇവിടെ സ്വീകരിക്കും അപ്പോ എന്ന് പറയുന്നത് ഈ ആശയം അത് ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ച് പ്രമാണങ്ങൾ ധരിച്ചോ തർക്കത്തിൽ സമർത്ഥിക്കാൻ പോയി അങ്ങനെ ഒരു പ്ലാൻ ഇവിടെ അത് പോയാൽ പ്രയോജനം കിട്ടത്തി ഇവിടെ കേവലം അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ ഉപയോഗിക്കുക അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം അദ്വൈതികളെ അംഗീകരിക്കാത്തല്ല അദ്വൈതി കാരണം മറ്റുള്ള കാര്യങ്ങൾ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ പ്രയാസമുള്ളതായിരുന്നു ഇതിവിടെ ഇതിനുപയോഗിക്കുന്ന ഒരു സൈക്കോതെറാപ്പി പോലെയാണ് ഒരു സൈക്കോതെറാപ്പി എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ മനസ്സിന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനെ ശാന്തമാക്കുന്നതിനും അതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകുന്നു അതുപോലെ എന്നാണ് ഞാൻ പറഞ്ഞത് അതാണെന്നുള്ളത് അതുപോലെയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്ന ആശയത്തെ വാസിഷ്ടത്തിൽ ചെയ്യുക ശരിക്കും നിങ്ങൾ സൈക്കോതെറാപ്പിയെ വായിച്ചു അവിടെ ചെയ്യുന്ന തന്നെയാണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ മനസ്സിന് ഒരു പ്രശ്നമായിട്ടൊരാൾ മുമ്പ് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അന്ന് വേണ്ട സഹായിക്കാം എന്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കുക അതിനെന്താണ് പരിഹാരം പ്രശ്നം പരിഹാരം ഈ രണ്ട് തരത്തിൽ മാത്രം ആ രീതിയിലാണ് സൈക്കോതെറാപ്പിസ്റ്റ് നിരന്തരം തന്റെ ക്ലൈൻ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക അതുപോലെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്ന എന്താണ് മൊത്തത്തിൽ പറയും സംസാര ദുഃഖം നമ്മളെല്ലാവരും ക്ലൈന്റുകളാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ അത് സംസാര ദുഃഖം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറയുന്നതെല്ലാം മാനസികമായ പ്രശ്നങ്ങളും ഈ പറയുന്ന സൈക്കോതെറാപ്പിസ്റ്റ് മുമ്പ് ചെന്നിരിക്കുന്ന ആളിന്റെ പ്രശ്നം തന്നെയാണ് അനാവശ്യമായ ഉത്കണ്ഠകളും മാനസികമായ സംഘർഷങ്ങളും പലതരത്തിലുള്ള മാനസിക അവര് നിരന്തരം എന്ത് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവരെ അതിൽ നിന്ന് മുക്തരാക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നിരന്തരമായി ഈ പറയുന്ന ജ്ഞാനം ഈ ഒരാശയം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവരൊരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും ഇതിനെയൊക്കെ നേരിടുന്നതിനുള്ള ഒരു ശക്തി മനസ്സിന് പകർന്നു ഈ ഒരു ആശയത്തിലൂടെ നിന്ന് നേരിടില്ല അതിനപ്പുറം ആത്മാവിന്റെ അസ്തിത്വം ആത്മാവിന്റെ സവിശേഷതകൾ അത്തരം ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ എതിർപ്പ് വരും ഇതാകുമ്പോൾ എന്താണ് ഈ പറയുന്നതിനെ പിന്തുടർന്നാൽ മാത്രമല്ല പറയുന്ന അനുസരിച്ചാൽ മാത്രമല്ല ഇവിടെ കേവലം ആവശ്യമുള്ളതെന്നാണ് ശ്രദ്ധ മാത്രം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇത് എല്ലാവരുടെയും എല്ലാ പ്രശ്നവും പരിഹരിക്കുകയില്ല അതില് മാനസികമായ സംഘർഷങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണോ സൈക്കോതെറാപ്പി ഗുണം ചെയ്യുന്നത് അതുപോലെ ഈ പറയുന്ന ആത്മജ്ഞാനം പക്ഷെ അത് മനുഷ്യൻ തിരിച്ചറിയണമെന്നൊന്നുമില്ല പക്ഷെ ഫലത്തിൽ സംഭവിക്കുന്ന അതുതന്നെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരോട് ആവർത്തിച്ചു പറയുന്ന ഇതിനുമൊക്കെ പറയുന്നെന്താണ് നിസ്സംഗത നിസ്സംഗത എന്ന് പറയുന്ന ഒരാൾ കൈവരിക്കേണ്ടവരാൾ സ്വന്തം മനസ്സിലാണ് പക്ഷെ അതിനുവേണ്ടിയിട്ട് ശങ്കരാചാര്യം എന്താ ചെയ്യുന്നത് ആത്മാവ് നിസ്സംഗമാർഗുണമാണെന്നും ഒരുപാട് യുക്തികളും നിർമ്മാണം ഉപയോഗിച്ച് സമർത്ഥിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിസ്സംഗരായിരിക്കണം എന്ന് പറയും പക്ഷെ ആത്മാവ് നിർഗുണമാണ് നിസ്സംഗമാണെന്ന് സമർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ശല്യക്കാരെല്ലാവരും കൂടെ വന്നിട്ട് കുറുവക്ഷുമായിട്ട് വന്നിട്ട് പിന്നെ ആദ്യ കിടന്ന് കലങ്ങുകയാണ് ഈ പറയാൻ പോകുന്ന ആളിൻ്റെ നിസ്സംഗത തന്നെ നഷ്ടപ്പെടും അത്രമാത്രം വാദപ്രതിവാദങ്ങൾ അദ്വൈതത്തിന്റെ ഗതി അങ്ങനെ നമ്മൾ ഭാഷകളെ കേട്ടിട്ടുള്ളൂ മുമ്പോട്ട് വന്നുകഴിഞ്ഞാൽ അദ്വൈതത്തിൽ പറയുന്ന ഈ ജഗത് നിഖ്യാസം പോലെയുള്ള കാര്യങ്ങൾ ആത്മാവിന്റെ നിർഗുണത്വം കാര്യങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന ഗ്രന്ഥങ്ങൾ കുറച്ചുപേരൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ തല പിരുത്തു പോകുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് മനസ്സിന് പ്രത്യേകിച്ച് ഒരു ശാന്തി സമാകുന്നു കിട്ടത്തില്ല അപ്പൊ ആ ഒരു വിഷയത്തെ മാറ്റിവെക്കുക മാറ്റിവെച്ചിട്ട് പിന്നെ ഒരു അംശത്ത് മാത്രം എടുക്കുകയുള്ളത് എന്താണ് ഞാൻ അറിവ് അപ്പോ അതെവിടെ വർക്ക് ചെയ്യുന്നു എവിടെ പ്രവർത്തിക്കുന്നു മനസ്സ് അപ്പൊ നിസ്സംഗത എവിടെ വരുന്നു മനസ്സ് ആത്മാവിന് നിസ്സംഗമാണോ ആത്മാവിന് നിസ്സംഗത ഉണ്ടോ എന്നുള്ളതൊന്നും ചർച്ച ചെയ്ത് സമർത്ഥിക്കേണ്ട ആവശ്യം ഇവിടെ അത് അംഗീകരിക്കുന്നു ആത്മാവ് നിസ്സംഗമാണോ അതിനൊരു തത്വമായി അംഗീകരിക്കും സമർത്ഥിക്കാനൊന്നും ശ്രമിക്കുന്നു അതുകൊണ്ട് എന്ത് നീ നിസ്സംഗനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ നിസ്സംഗത എവിടെയാണ് വരുന്നു മനസ്സിലക്കാര്യങ്ങളും ഈ പറയുന്നതെന്നല്ല നമ്മള് എങ്ങനെയാണ് വാശിഷ്ടം ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാലേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഈ ചർച്ച ഉണ്ട് അത് താല്പര്യമുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവും അപ്പം മാനസികമായി വരുന്ന അപ്പൊ ഇവിടെ മുക്തി എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ വളരെ വാശിയോടുകൂടി സമർത്ഥിക്കുന്ന ആത്മാവിന്റെ മുക്തി അതിനെ സമർത്ഥിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്താണ് ഇവിടെ നിരന്തരം പറയുന്നത് മനസ്സിന്റെ മുക്തിയാണ് ആത്മാവ് മുക്തമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുക സമർത്ഥിച്ച പക്ഷേ എന്തുവരും മറ്റുള്ളവരോ നേതൃത്വം അപ്പോ മനസ്സിന്റെ മുക്തി എങ്ങനെ സാധിക്കും അതിനൊരു ഉപായം പറയുന്നു നമുക്കിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി കേട്ടുണ്ട് പ്രശ്നം വരുന്നുണ്ട് ദാർശനികമായൊരു വാദപ്രതിവാദത്തിനില്ല അതാണ് അതിന് ഇവിടെ ഒന്ന് പ്രധാനമായി പറയം ജ്ഞാനം അല്ല അതിന് മനുഷ്യനെ തൃപ്തി വേദനയും ഇതിനെ സമാധി രണ്ടു കാര്യങ്ങളും ഭക്തിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അതുകൂടെ വരുന്നുണ്ട് എന്നാലും അത് ജ്ഞാനവുമായി ബന്ധപ്പെടുത്തിക്കാണ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മുടെ പ്രശ്നം എന്ന് നമ്മുടെ മനസ്സ് കുഴഞ്ഞു നമ്മുടെ പ്രശ്നം അതിന് അദ്വൈതത്തിന്റെ വഴിയിലൂടെ എന്ന് പറയുമ്പോൾ അദ്വൈതജ്ഞാനത്തിന്റെ വഴിയിലൂടെ ഒരു പരിഹാരം അതാണ് ഇവിടെ ആവർത്തിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ശങ്കരാചാര്യന്റെ വഴിയല്ല മറിച്ച് ഇവിടെ ഹരിഹര പത്മജന്മാരെ പോലെ എന്ത് ചെയ്യണം അവനവന്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുക മനസ്സിനെ മുക്തമാണ് അതിനുള്ള ഉപായങ്ങളാണ് ഇവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗീതയിലും ഇതൊക്കെ തന്നെ പറയുന്നു അവിടെ അദ്വൈതം എന്ന് പറയുന്ന ഒന്നിനെ കൂട്ടപ്പിടിക്കുക തന്നെയുള്ളൂ ഇവിടെ അദ്വൈതത്തെ കൂട്ടപ്പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിന്റെ തരത്തിൽ എല്ലാ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്വൈതമെന്ന് പറയുന്നത് ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വാസത്തിൽ പറയും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് മാനസികമായി വരുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ഞാനത്തെ പറയുന്നത് അത്രയേ ഉള്ളൂ അതായത് നമ്മൾ പഠിച്ചറിവിച്ച് പറയുകയാണെങ്കിൽ പ്രപഞ്ചം സ്വപ്നം പോലെയാണെന്ന് പറയും വാശക്തി പറയും മനക്കൽപിതമെന്ന് പറയും ശരി പ്രപഞ്ചം സ്വപ്നം പോലെയാണ് നന കൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രപഞ്ചത്തെ സ്വപ്നമാക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രപഞ്ചത്തെ സ്വപ്നമാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞത് നിങ്ങൾ ഭാവന എഴുതി സ്വപ്നം സ്വപ്നം സ്വപ്നം ഒന്നും ഭാവനയെഴുതെന്ന് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഭാവന ചെയ്താലും ഒരിക്കലും പ്രപഞ്ച സ്വപ്നമാകത്തില്ല എന്തുകൊണ്ടത് എന്തുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയുന്നത് കഴിഞ്ഞു പ്രപഞ്ചം എന്ന് പറയുന്നതോ വർത്തമാനമാണ് നമ്മുടെ നമ്പിൽ നിലനിൽക്കുന്നതാണ് കഴിഞ്ഞു പോയവൻ തന്നെ നമുക്ക് സ്വപ്നവും തിരിച്ചറിയാൻ പറ്റും സ്വപ്നമാക്കാൻ പറ്റും അതാ ആണ് നമ്മളാക്കേണ്ട കാര്യമില്ല കഴിഞ്ഞു പോയത് അത് സ്വപ്നം തന്നെയാണ് നമുക്ക് നിസ്സംശയമാണ് നമ്മളുടെ ഭാവന അനിയത് സ്വപ്നത്തെ സ്വപ്നമാക്കേണ്ട കാര്യമില്ല പ്രപഞ്ചമെന്ന് പറയുന്നുണ്ട വളരെ സജീവമായി നമ്മളെ നിന്തിക്കുകയാണ് നിങ്ങൾ സ്വപ്നം സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു പോകും കഴിഞ്ഞു പോയാൽ ശരി കഴിഞ്ഞു പോകത്തില്ല ഇതെന്നും നമ്മുടെ മുമ്പിൽ മരണം വരെ നമ്മുടെ മുമ്പിൽ ഇത് സജീവമായി തന്നെ നിൽക്കും അപ്പം നമുക്കിതിനെ സ്വപ്നമാക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങളിങ്ങനെ സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്തോ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം സംഭവിക്കും സംഭവിക്കുന്നത് മനസ്സിലാണ് മനസ്സിലൊരു ലാഘവും അത് സംഭവിക്കാം വാസ്തു അതാ പറയുന്നു എന്താണ് വ്യർത്ഥമായ അഭ്യാസങ്ങളിലൂടെ മനസ്സിന് ആയാസം ഉണ്ടാക്കേണ്ട കാര്യം വീതിയിൽ പറയുന്നു ഉദാസീന ഉദാസീനോ ഗുണേർ യോന വിചാരില്യത്തെതിനെ കുറിച്ചാണ് പറയുന്നത് ഉദാസീനം എന്നെ പോലെ സ്ഥിതി ചെയ്യുന്നു അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പുരുഷനെ കുറിച്ച് പ്രകൃതിയും പുരുഷൻ ചെയ്യുക എന്ന് പറയുന്ന ആ പുരുഷനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഉദാസീനം പോലെ ഇരിക്കുകയാണ് വാസുക്ഷിതി പറയുന്നത് എന്താണ് അത് ശരി തന്നെയാണ് പുരുഷൻ ആത്മാവ് അങ്ങനെ ഉദാസീനതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ആ ഉദാസീനത എവിടെ വരണം മനസ്സ് തെളിച്ചു പറയുന്നതാണ് വാസത്വത്തിൻ്റെ പ്രത്യേകത ആ ഉദാസീനത എന്നൊരു നിസ്സംഗമായ അസന്ധമായ അവസ്ഥ അത് തന്നെയാണ് മുടിയും പറയും സമ്മതികളുടെ ആത്മദ്വീപക്കാഹ ആത്മപ്രകാശത്തെ പ്രാപിച്ചവർ സഥ സ്ഥിത എങ്ങനെയാണോ ഈ ഹരിഹര പത്മജാതികളങ്ങ് പര ലോകത്ത് ഇവിടെ അല്ലല്ലോ അവരി നമ്മുടെ ലോകത്ത് നമ്മുടെ കൺമുമ്പിലല്ല അവരെങ്ങനെയാണോ ഇരിക്കുന്നത് തഥാ എന്താണ് നരോക്തമായ മനുഷ്യർ ശ്രേഷ്ഠരായിട്ടുള്ളവര് എങ്ങനെയുള്ള വിശുദ്ധ ബുദ്ധേഹ വിശുദ്ധമായ ബോധമുള്ളവർ ജഗത്നിശ്ചിത ഈ ലോകത്തെ സ്ഥിതി ഇക്കാര്യം അടിസ്ഥാനപരമായി വാസ്തുത്തിൽ മനസ്സിലാക്കി ോകത്തിൽ അതുപോലെ അവരങ്ങനെ സ്ഥിതി ചെയ്യുന്നതോ ഇവിടെ മനസ്സിന് എങ്ങനെ നിസ്സംഗത ഉണ്ടാക്കിയല്ല പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബോധം ജ്ഞാനം എന്ന് പറയുന്ന വെളിച്ചത്തെ കുറിച്ച് പറയുന്നത് അടുത്ത ഇതൊന്നുകൂടി തെളിച്ചു പറയാം പരീക്ഷീണേ മോഹേ വികളി ഖനേ ജ്ഞാനജലതേ ജാഗകം എന്ന് വെച്ചാൽ ഈ ലോകത്തില് കഴിഞ്ഞ പദ്ധതിയും പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത് ഈ ലോകത്തിന്റെ കാര്യങ്ങളാണ് ബ്രഹ്മാദികളുടെ ലോകമല്ല ഈ ലോകമാണ് പല ലോകം ഈ ലോകത്തിലെ പഠനം വെച്ച ജീവിതം ഗമിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം രമണം ബ്രഹ്മക്രീഡായ ഇതൊരു വിനോദമാണ് മനുഷ്യന്റെ ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിനോദമായിരിക്കണം എന്നർത്ഥം വിനോദം കുഞ്ഞ കളിത്തമാശ കോമഡി എന്നുള്ള മനുഷ്യൻ അവൻ്റെ അറിവിലൂടെ ഈ ജീവിതത്തെ ആനന്ദകരമാക്കുക എന്നുള്ളത് അതാണ് വിനോദ വിനോദത്തിന്റെ പ്രത്യേകത എന്താണ് ക്രിക്കറ്റെടുത്ത് വിനോദമാണ് എന്റെ പ്രത്യേകതയെന്താ എത്ര ആയാസകരമാണ് ആ പ്രവൃത്തി എന്ന് നോക്കുക നട്ടുച്ചയ്ക്ക് ഒരു വെയിലത്ത് ഗ്രൗണ്ടിൽ കിടന്ന് കൊടുക്കുക വേർത്ത് പൊളിച്ച് വളരെ പ്രവൃത്തിയാണ് പക്ഷേ കളിക്കുമ്പോൾ എന്തായിരുന്നു പണ്ട് ഭയങ്കര ആനന്ദമല്ല വീട്ടുകാരെയൊക്കെ പഠിച്ച് ബാറ്റിംഗ് ബൗളും കൊണ്ടുവേയും ഗ്രൗണ്ടിലേക്ക് ഓടും ഇത്ര ആയാസമുള്ള പ്രവൃത്തി ഇതിന് എത്രയോ ആയാസം കുടഞ്ഞ പ്രവൃത്തിയാണ് വീട്ടിൽ പറയുന്നത് ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ ജോലിയാണ് ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന് എത്രയോ വലിയ ജോലിയാണ് ഈ ക്രിക്കറ്റും കൊണ്ട് ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നത് പക്ഷെ വിനോദത്തിൻ്റെ പ്രത്യേകത അതാണ് എന്താണ് അത് ആനന്ദമാണ് ആയാസം മറക്കുന്നത് മുമ്പ് പറഞ്ഞതാണ് ഹരിഹര പത്മജാതികളൊക്കെ എന്താണ് വളരെ ആയാസകരമായ പ്രവൃത്തി ചെറിയ കാര്യമില്ല ലോകത്തെ സൃഷ്ടിക്കാം പക്ഷെ അവർക്കെന്താണത് രമണമാണ് ആനന്ദമാണ് അപ്പോ മനുഷ്യരോട് പറയുകയും ഈ ലോകത്തിലെ ജീവിതം ആനന്ദമാണ് അതിന് വളരെ തർക്കസ്വമായ കൊണ്ട് തർക്കത്തിലൂടെ പ്രപഞ്ചത്തിന്റെ പരമരഹസ്യം കണ്ടുപിടിക്കാനൊന്നും നിനക്കിട്ടുണ്ട് അതിന്റെ അവിഷ് മനസ്സിന് ശമം ഉണ്ടാക്കുന്ന ഒരറിവും വരും അതാണ് ഇവിടെ പറയുന്നത് പരീക്ഷീണേ അത് ആദ്യം പറഞ്ഞിരുന്നു വി കൗതുകാഹ കൗതുകം മോഹമാണ് അത് മോഹം എന്ന് പറയും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മനുഷ്യന്റെ ആന്തരികമായ രാഗത്താൽ പ്രേരിതമായി ഈ ഭൗതിക ആസക്തിയോടുകൂടി ഓരോന്നെ പ്രതീക്ഷയോടുകൂടി ഓടി നടക്കും അത് ഓടി വശം കെടുന്നവരും ഓടും തളരുന്നതോരോടും അതാണ് മോഹം ആ മോഹം ക്ഷയിക്കുമ്പോൾ അത് ഈ അറിവുകൊണ്ടാണ് അതാണ് മുമ്പ് പറഞ്ഞത് എന്ത് ആത്മദീപം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതായ ആ ആത്മബോധം കൊണ്ട് അത് ക്ഷയിക്കുമ്പോൾ ഈ മോഹങ്ങളെല്ലാം ഒന്ന് ക്ഷയിക്കുമ്പോൾ ഇതിന്റെ പിറകടുന്നു ഓടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് അതിനോടൊക്കെ വലിയ ആഗ്രഹം പ്രതിപത്തി നിലനിൽക്കണമെങ്കിൽ ഓടിപ്പോകും അത് മറ്റൊരു കാര്യം എല്ലാ ആവശ്യത്തിനും മതി മതി മതി എന്നുള്ളൊരറിവ് മനുഷ്യന്റെ ഉള്ളിൽ വരണം അങ്ങനെ ഉള്ളിലിരുന്ന എപ്പോഴും ഒരു അറിവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതാണ് ഈ പറയുന്നത് എന്താണ് മോഹം ഒരു ക്ഷീണമാകുമ്പോൾ അതാണ് നമ്മൾ മോഹത്തിൻ്റെ ക്ഷീണത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഖനേ ജ്ഞാനജലതയും വികലതയും ജ്ഞാന ജലദം ജലം ദത്താദീ ജലദം എന്താണ് അർക്കറിയും മേഘം ജലത്തെ വർഷിക്കുന്ന മേഘം ഈ ജ്ഞാനമാകുന്ന ജലത്തെ വർഷിക്കുന്ന മേഘം എന്താണ് എന്താണ് മേഘം ജ്ഞാനമാകുന്ന ജലത്തെ വർഷിക്കുന്ന മേഘം എന്താണ് നമ്മുടെ മനസ്സ് തന്നെ വേറെ ഒരിടത്തൊന്നും ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്റെ ഉള്ളിൽ നിന്നും ഞാനും നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വർഷിക്കുന്നു മൂഢവിചാര നടക്കുന്ന കാര്യങ്ങൾ ആർക്കും മറ്റൊരാളുടെ മനസ്സിലേക്ക് ഞാൻ എന്താണ് വർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ജ്ഞാനത്തെ വർഷിക്കുന്ന മേഘ അവനവന്റെ മനസ്സാണ് അവിടെ വെളിച്ചമെന്ന് പറയുന്ന അവനവന്റെ ഹൃദയ ഗുരുവിന്റെ മനസ്സിൽ ജ്ഞാനമുണ്ടെന്ന് വിചാരിച്ചേ ശിഷ്യന്മാർക്കൊന്നുകൊണ്ട് പ്രയോജന ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഇത്രയും മൂഢന്മാരായ വിവരദോഷികളായ ശിഷ്യന്മാരുണ്ടാവും ഗുരുവിന്റെ ജ്ഞാനം ശിഷ്യനിലേക്ക് വരും വർഷങ്ങളോളം ഗുരുവിന്റെ സേവ ചെയ്തിട്ടും ഇവിടെ പറയുന്ന ജ്ഞാന വർഷമൊക്കെ പോട്ടെ ജ്ഞാനത്തിന്റെ ഒരു കണിക പോലും ജ്ഞാന ലഭ അതോ ഒരു വിമൂഢന്മാരുടെ മനസ്സിലെന്താ ഉണ്ടാവാത്തത് അപ്പൊ ഗുരുവിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഗുരുവിന്റെ ഉള്ളിൽ ഇരിക്കട്ടേ ഉള്ളൂ ശിഷ്യന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒലിച്ചിറങ്ങത്തുന്നു വികലതി ഇവിടെ പറയുന്നു അവനവന്റെ മനസ്സിൽ നിന്ന് ആ ജ്ഞാനം വികലതി ഗലപ്രസ്രവണയിൽ അതെന്താണ് ഉരുകി അതാണ് പിന്നെയ്യൊക്കെ ഒരു വികലതി എന്നുള്ള ശബ്ദം കേൾക്കുന്നത് അത് അവനവന്റെ ഉള്ളിൽ തന്നെ എന്ത് വരുന്നു ആ വിവേകം ഉണ്ടാകണം ഗുരുവോ ശാസ്ത്രമോ ഒക്കെ ഒരു നിമിത്തമാകും ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദൂര സഹായി എന്ന് പറയുന്നത് എന്തുകൊണ്ടത് അതുകൊണ്ടാണ് ശിഷ്യന്മാർ മൂഠന്മാരായിപ്പോകും തെളിവാണ് അപ്പൊ അവനവന്റെ മനസ്സാണ് ഈ ജ്ഞാന ജലദം ജ്ഞാനത്തെ ജ്ഞാനം ഉരുകി ഒരിക്കുന്ന ആ മേഘങ്ങളെന്ന് പറയുന്നത് എന്താണ് അവന്റെ മനസ്സാണ് എന്തുകൊണ്ട് മനസ്സെന്ന് തീർന്ന് പറയുന്നു കാരണം പരിക്ഷീണേ മോഹേ മോഹങ്ങൾ ക്ഷീണിക്കുന്നു അവനവന്റെ മനസ്സിലാണ് കാരണം ഗുരുവിന്റെ മനസ്സിൽ മോഹം പോയെന്ന് പറഞ്ഞ് ശിഷ്യൻ എന്തെങ്കിലും ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവും ഗീത രീതി എന്ന് പറയും ബുദ്ധരേഖനാത്മാ ഇതും മനുഷ്യനൊരിക്കലും മനസ്സിലാകും മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എന്താണ് എപ്പോഴും പ്രതീക്ഷയും ജീവിക്കുന്ന മനസ്സാണ് അതിനുള്ള മോഹം അതുകൊണ്ട് കാര്യമൊന്നുമില്ല പരിവർത്തനം എന്ന് പറയുന്ന അവനവന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കണം അതിന് വേറെ ആർക്കും ഇടപെടാൻ പറ്റും ഓരോ ജീവനും വ്യത്യസ്തമാണ് ഓരോ ജീവനും സ്വതന്ത്രമാണ് ഓരോ ജീവന്റെയും അന്തരണം നേരെ വേറെ അതുകൊണ്ടാണ് ഇവിടെ പാവിയും പുണ്യവാനും ഒക്കെ ഉണ്ടാവും ദുഷ്ടനും ശിഷ്ടനും എല്ലാം ഉണ്ടാവും നന്മയും തിന്മയും എല്ലാം നിലനിൽക്കുന്നതാണ് അഹിംസയും അഹിംസയും നിലനിൽക്കുന്ന അതുകൊണ്ടാണ് അപ്പൊ അവിടെ തന്നെ മാറ്റം പറഞ്ഞു അമിത പ്രതീക്ഷകളൊന്നും വെച്ച് ജീവിച്ചിട്ട് ജീവിക്കുന്ന അർത്ഥശൈലി അവനവന്റെ മനസ്സിലേക്ക് നോക്കുക അവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ അല്ലാതെ ഈ ആകാശത്തും ആലിപ്പഴും വീഴുന്നത് ാണ് എല്ലാ വർഷവും വർഷിക്കത്തില്ല വല്ലപ്പോൾ അതിനെ പ്രതീക്ഷിച്ച് മനുഷ്യൻ ജലത്തിനു വേണ്ടി അവനെ പ്രതീക്ഷിച്ച് ജീവിക്കുക ഒരിക്കലും ഇല്ല മനുഷ്യവും അതുപോലെയുള്ള പ്രതീക്ഷയിൽ വിവേകത്തിന്റെ പ്രതീക്ഷയിലും മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല അവന് അവന്റെ ഉള്ളിൽ തന്നെ ഇത് നിരന്തരം സംഭവിക്കുന്നു അതാണ് പറയുന്നത് പരിക്ഷീണി മോഹെ ലി ജ്ഞാനജന പരിജ്ഞാതത്വ എന്നുള്ള ഒരു വഴി എന്താണ് തത്വബോധം അത് തന്നെയാണ് തത്വത്തെക്കുറിച്ചുള്ള ബോധം ഇവിടെ അതാണ് ഇവിടുത്തെ തെറാപ്പി അതാണ് ഇവര് ബോധമുണ്ടാവും ഈ തത്വത്തെ എന്താണ് തർക്കവിതർക്കങ്ങളിലൂടെ പ്രമാണങ്ങളിലൂടെ നിർണ്ണയിക്കാനൊന്നും നിനക്കിടല്ല അവിടെയാണ് കുഴപ്പമില്ല അത് പണ്ഡിതന്മാർ അറിവുള്ളവരും ചെയ്തോട്ടെ അവരത് ചെയ്യുകയോ പരാജയപ്പെട്ടുകയോ ചെയ്തോട്ടെ പക്ഷേ മനുഷ്യന്റെ മനസ്സിന് ശമത്തെ ഉണ്ടാക്കുന്ന സമാധാനത്തെ ഉണ്ടാക്കുന്ന ഒരറിവാണ് അവനാവശ്യം മറ്റു മൂലാമാരാണെന്ന് അവനാവശ്യം അതിനെ കൊണ്ട് പറയുന്ന എന്താണ് തത്വജ്ഞാനം അതാണ് പരിജ്ഞാന തത്വേ ആത്മന്യതിത്തതെ സമ്മതിക്കതെ അതിതത്വമായ ആത്മാവ് തത്വം എന്ന് വെച്ചാൽ വ്യാപ്തം വ്യാപ്തമായ ആത്മാവ് ഈ വ്യാപ്തമായ ആത്മാവിനെ ഒരാൾക്ക് പ്രാപിക്കാൻ പറ്റും പറ്റൂ വാക്കുകൾ സമധികത പ്രാപ്തമാകും ഈ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ ഒരാൾ എങ്ങനെ പ്രാപിക്കുന്ന അവൻ സ്വയം ആത്മാവാണ് അതാണ് തൃത്വം അപ്പൊ അതിനെങ്ങനെ ഒരാൾക്ക് പ്രാപിക്കാൻ പറ്റില്ല ഇത്രയുള്ള എന്താണ് അവൻ വ്യാപ്തിയുള്ള ഒരു മനസ്സ് മനസ്സിന് എന്ത് ചെയ്യാം ക്ഷേത്രേണോ വ്യാപ്തമാകും അപ്പോ ആത്മാവ് വ്യാപ്തമാണ് വിസ്തൃതമാണെന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിന്റെ വ്യാപ്തിക്ക് വേണ്ടി പറയുന്ന അല്ല ആത്മാവ് വ്യാപ്തമാണോ എന്ന് ആത്മാവിനെ കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ വ്യാപ്തമായ ആത്മാവിനെ കണ്ടെത്തവത്തിന് ബുദ്ധിമുട്ടും പക്ഷെ മനസ്സിനത് സാധിക്കും കാരണം എന്താണ് മനസ്സിന് സങ്കോചിക്കാൻ കഴിയുന്നത് വികസിക്കാൻ കഴിയും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ് വളരെ സങ്കുചിതമാണ് എന്തിനാണ് അസങ്കുചിതമായിരിക്കുന്നത് ഇവിടെ പറയുന്ന വളരെ തുച്ഛങ്ങളായ നിസാരങ്ങളായ വിഷയ ആശകൾ അസംകുചിതമായിരിക്കുകയാണ് അതിന് എന്ത് വേണമെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കണം അന്നുള്ള മനസ്സ് വിശാലമായി അതിനുവേണ്ടി എന്ത് ചെയ്യണം വിചാരി ആര്യന്മാര് മുരുക്കന്മാര് സാർത്ഥം അവരോടൊപ്പം വിചാരം ചെയ്യുക ഇതിനെക്കുറിച്ച് ബോധമുള്ള നമുക്ക് വിചാരം ചെയ്തിട്ടുള്ള കാര്യമാണ് എന്താണ് പറയുന്നത് ആര്യ സാർഥം വിചാരിക ബോധമുള്ളവനോടൊപ്പം വിചാരം ചെയ്തിട്ട് പിന്നെ അങ്ങനെയുള്ള ആധാറെക്കുറിച്ച് പറയുന്നത് ചലിതവപുഷ ചലിതം എന്ന് പറഞ്ഞാൽ എന്താണോ ചലിക്കുന്ന ശരീരത്തോടുകൂടിയവരെന്ന് പറഞ്ഞാൽ എന്താണോ ജീവിതത്തിലെ ദൈനംദിനഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്ന നമ്മളവരെ കുറിച്ച് പറയും ലൗകികന്മാരാണ് നമ്മൾ ആത്മീയക്കാളാണ് ഇത്രയും ഒക്കെ എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ അവൻ ചരിതപഹുഷായിരുന്നാൽ അല്ലാതെ അവൻ സ്ഥിരസുഖമാസന ആസനത്തിൽ കാലും കണ്ണും കൂട്ടി നിശ്ചലനായിരിക്കുന്ന ശരീരത്തോട് നിശ്ചല ശരീരനായിരിക്കുന്നു എന്നുള്ള പറയുന്നു ചലിത പോഷവനീ ലോകത്ത് എല്ലാ കർമ്മങ്ങളും ഏർപ്പെട്ടവനും ജീവിക്കുന്നു അതാണ് ചരിതപോഷം പിന്നെ ഇവിടെയാണ് വ്യത്യാസം വരുന്നത് സദൃശദക്രിയ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ആത്മതത്വം ആത്മതത്വം ധീ ബുദ്ധി എന്ന് പറയും ആത്മതത്വം വളരെ വിപുലമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതിതത്വമാണ് ആത്മതത്വം അവൻ്റെ ധീ ബുദ്ധി എന്ന് പറയുന്നത് അതിന് തുല്യമായിരിക്കും അതാണ് നേരത്തെ ഞാൻ പറയുന്നത് എന്താണ് അതുപോലെ വ്യാപ്തമായ മനസ്സോടുകൂടി ദൃഷ്ടേതത്വം ദർശനപ്രേക്ഷനെ ദർശനം എന്ന് വെച്ചാൽ അറിവിനെയാണ് പറയുന്നത് അപ്പോ ഈ പറയുന്ന തത്വജ്ഞാനം ഏതാണ് ശരിയായിട്ടുള്ള തത്വജ്ഞാന അങ്ങനെ തത്വജ്ഞാന എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നു മനസ്സിനാണ് സംഭവിക്കുന്നത് മുഴുവൻ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഇൻപോട്ടെന്ന് പറയും മനോമാത്രം ഇതും സ്ഥത്തിലേക്ക് പറയുകയാണെങ്കിൽ പറയും നമ്മ മനക്വാമി വിദ്യതേ അത് പറയാം കാരണം എന്തുകൊണ്ടാണ് ഒരു ആത്മതത്വത്തെക്കുറിച്ചുകൂടെ പറയുന്നു ഈ ആത്മതത്വത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ചല്ലോ ആത്മതത്വത്തെ തന്നെ മനസ്സിന് എത്ര പരമാവധി അതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള മനസ്സിന്റെ ആ സാധ്യതകളെ കുറിച്ചൊക്കെ മറ്റത് വഴിതേറ്റിപ്പോ അപ്പോ ആ പരമമായ തത്വജ്ഞാനം അതാണ് തത്വനിഷ്ഠേ ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ് ജാഗതമുട്ടും ഈ ജഗത്തിലെ അടനം ജീവിതമെന്ന് പറയുന്നത് വിനോദം എന്ന അർത്ഥം പറയാൻ കാരണം രമ ക്രീഡായം ക്രീഡെന്ന് വെച്ചാൽ കളി എന്നാണ് കളി എന്ന് വെച്ചാൽ വിനോദമാണ് ഉണ്ടർത്ഥം പറഞ്ഞു മിക്കവാറും ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം ഞാൻ ധാത്തോർത്ഥം വെച്ചാൽ പറയും ബാക്കിയുള്ള എല്ലാ രൂഢ ശബ്ദങ്ങളും അതിന്റെ രൂഢ ശബ്ദം എന്ന് വെച്ചാൽ പ്രസിദ്ധമായ അർത്ഥമായ ശബ്ദം അതിൻ്റെ പ്രസിദ്ധമായ അർത്ഥത്തെക്കുന്നു ബാക്കിയുള്ള ശബ്ദങ്ങൾ നിൽക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം മൊത്തം ഞാനങ്ങനെയാണ് എന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അതായത് ടീകാരൻ എഴുതി വച്ചിരിക്കുന്ന രീതിയിൽ അത് അദ്വൈതത്തിൻ്റെ വലിയ വലിയ പ്രക്രിയകളൊക്കെ എഴുതി വരും വീണ്ടും കുഴപ്പത്തിൽ വേണ്ട വീണ്ടും നേർത്തലവേദ്യമില്ല ഇവിടെ ഭാഷയിൽ നിന്ന് നമുക്ക് നേരിട്ട് തന്നെ അർത്ഥം രൂഢമായ ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രസിദ്ധമായ അർത്ഥത്തിടും ഇപ്പന്നെ ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് റൂട്ടിൽ നിന്ന് അർത്ഥത്തേടും സംഗതി വളരെ സിമ്പിളാണ് ഇതെന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ഗ്രന്ഥമല്ല അപ്പോൾ ഈ ആധുനികമായ അദ്വീത പ്രക്രിയകളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് എഴുതിയെന്ന് തന്നെ കണക്കാണ് അപ്പോൾ അതിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാനും മനസ്സുകൊണ്ട് പ്രയോജനപ്പെടുത്താനും പറ്റിയ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ചരിത്ര പക്ഷാൽ ഒരു മനുഷ്യൻ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു വിനോദമാണ് അതിന് ഒരൊറ്റ മാർഗമാണോ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ വിശദീകരിക്കുന്ന ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് തന്നെയാണ് പക്ഷെ അവിടെ അറിവ് എന്ന് പറയുന്ന ആ ഭാഗത്തിലാണ് പ്രാധാന്യം ഇല്ലാതെ ആത്മാവെന്ന് പറയുന്ന ഒരു നിഗൂഢമായ തത്വത്തിന് ആത്മാവെന്ന് പറയുന്ന ഒരു നിഗൂഢമായ തത്വത്തിന് പ്രാധാന്യം വരുമ്പോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളുമുണ്ട് അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയോളൂ എന്താണ് സമാധിയിലേക്ക് ഇങ്ങനെ നമുക്കതൊന്നും മനസ്സിലാക്കാം അത് പറ്റുമോ അത് പറ്റുന്നവർക്ക് അതിനോട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയാകും ഇവിടെ പറയുന്ന ബ്രഹ്മവിത്ത് ഇനി പറയാൻ പോകുന്ന ബ്രഹ്മവിത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചായി പറയുന്നത് അല്ല ഒരാൾക്ക് ഇതുപോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ നിരൂഢതകളെ ഇഷ്ടപ്പെടുന്നവരാണ് അയാൾക്ക് വരൻ വരിയൻ വരിഷ്ഠൻ സമാധിയുടെ പല പല തലങ്ങളെ കുറിച്ച് പറഞ്ഞു അങ്ങോട്ട് പോകും നമുക്കറിയാം നടക്കുന്ന കാര്യങ്ങളല്ല തൽക്കാലം നടക്കുന്ന കാര്യം ഇതാണ് ഈ ജ്ഞാനത്തിൻ്റെ തലമുണ്ട് ബ്രഹ്മവിത്തിൻ്റെ അതാണ് അവിടെ വിശ്വസിക്കുന്നത് ഇത് തുടക്കത്തിൽ ഇനി ഉപദേശങ്ങൾ തുടങ്ങിയാണ് ഇവിടെ ഇതെന്തുകൊണ്ട് പറയുന്നില്ല ഇതൊരു ഇതിന് എനിക്ക് പ്രവേശിക്കുന്ന ആളിന് ഇതിന്നതാണ് ഇതിന്റെ പ്രയോജനം ഇന്നതാണ് സ്വർണ്ണ അനുബന്ധ ചതുഷ്ട എന്നൊക്കെ പറയുന്നു അതുപോലെ അയാൾക്ക് ഇതിനൊരു ഇതിന്റെ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടുള്ള ഗുണം ഇന്നതാണ് മനസ്സിന് വളരെ അസ്വസ്ഥമായി ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് തന്നെ എന്താ പറയും വിചാരമുണ്ട് നമുക്കിത് ശരിയാക്കാം ഇത് പരിഹരിക്കത്തക്കനമേ ഉള്ളൂ എന്നിവിടെ ഞങ്ങൾ സമാധാനിക്കുന്നതുപോലെ നിങ്ങളുടെ എല്ലാ മാനസികമായ വ്യഥകളും സാംസാരിക ദുഃഖം എന്ന് എല്ലാ ദുഃഖങ്ങൾക്കും ഞങ്ങളുടെ ഇതിൽ പരിഹാരമാർഗമുണ്ട് അതാണ് ഈ തൊഴിൽ ജ്ഞാനം എന്ന് പറഞ്ഞ് അതിന്റെ മഹത്വത്തെക്കുറിച്ചുകൂടെ സ്തുതിച്ചു പറയുകയാണ് അപ്പോ ആൾക്കാർക്ക് അതിനോട് താല്പര്യമുള്ള അന്വേഷിച്ച രാസന്നേ ചിത്തത്വ സമുഭവേ വൽഗതി പരെ സമാഭോഗീഭൂതസ്വഖിലലന ദൃഷ്ടിശുക്ല സമം ജാതി സ്വന്താസ്വാതിതരസിയ ദൃഷ്ടി തത്വ രമണമഡലം ജാഗതം എംബ് പറഞ്ഞത് തന്നെയാണ് ോകത്തിലെ ജീവിതം അത് വിനോദമാണ് അതിനുവേണ്ടി വീണ്ടും പറയും പ്രസന്നേ ചിത്തത്വേ പ്രസന്നമാവുക എന്നാണ് സദ്ധ വിശരണ കൃത്യവസാധനേഷൻ മനസ്സ് അതിന് വിശരണം സംഭവിക്കുക സീർണമാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ വിഷയങ്ങളുടെ പറയാനത് ഓടുന്നതാണ് വിക്ഷേപബളമായിട്ട് അതെല്ലാം ശമിക്കുക അതാണ് പ്രസന്നത എന്ന് പറയുന്നത് ശമിക്കണം ചിത്തത്വേ നിരന്തരം ആവർത്തിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ തത്വ പറഞ്ഞിട്ടുണ്ട് ആത്മന്യതിത്വത്തെ അതിവ്യാപ്തമായിരിക്കുന്ന ഒരു തത്വം നമ്മുടെ ഹൃദയ പ്രസന്നയും ചിത്തത്വം ചിത്ത് തത്വം എന്ന് പറയാൻ കാരണം ചിത്ത് തന്നെയാണ് തത്വം ചിത്തം ബോധം അത് തന്നെയാണ് മനസ്സ് അത് തന്നെയാണ് ഇവിടുത്തെ തത്വം അതിനെക്കുറിച്ചൊക്കെ മുമ്പോട്ട് വരുന്നത് ഭാഗങ്ങളിൽ പോലും വിശദീകരിക്കും മനസ്സ് തന്നെയാണ് തത്വമാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയാം സാന്നഹൃതങ്ങൾ പഠിക്കുന്നത് മനസ്സ് വേറെയാണ് ആത്മാവേറെ ഇവിടെ പറയും അങ്ങനെ ഒരു ഭേദം കർപ്പിക്കേണ്ട കാര്യമില്ല മനസ്സ് തന്നെയാണ് ആ തത്വം കാരണം ആ തത്വത്തിന്റെ സ്പന്ദനമാണ് മനസ്സിലാക്കുന്നത് ആ തത്വത്തിൽ സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ അതാണ് ഈ മനസ്സ് എന്ന് പറയും ഉദാഹരണം പറയും എങ്ങനെയാണോ സമുദ്രത്തിലെ തിരകൾ അതുപോലെ അപ്പൊ പിന്നെ മനസ്സിന് തത്വത്തിൽ നിന്ന് വേറെയാക്കാൻ പറ്റത്തില്ല ആ തത്വം തന്നെയാണ് അതിന് അത് ഭാവം അതിൻ്റെ നിക്ഷേപങ്ങളെല്ലാം ഒടുങ്ങി ഹൃദി സമഭവേ ഹൃത്ത് ശമത്തെ പ്രാപിക്കുമ്പോൾ ശമിക്കുമ്പോൾ ഒടുങ്ങുമ്പോൾ ഹൃത്തം എന്ന് പറയുന്നതും മനസ്സന്നെയാണ് അത് വിശീർണ്ണമായി ഒടുങ്ങുമ്പോൾ എന്നറിയാം നേരത്തെ ഒരുങ്ങടത്തെ അത് ദ്രവീഭൂതമായി അവസാനിക്കുമ്പോൾ അതായത് മേഘം ദ്രവീഭൂതമായി കഴിഞ്ഞാൽ പിന്നെ മേഘം അവസാനിക്കുകയാണ് പിന്നെ ഇവിടെ മേഘവും കഴിയുന്ന ഒരു വസ്തു അല്ല ജലനയും അതെല്ലാം മനസ്സും അതുപോലെ തന്നെ എന്താണ് അതിശമപ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹൃതയും മനസ്സെന്ന് പറയുന്നത് തത്വമാണ് എന്നുള്ളത് കാര്യമാണ് പറയുന്നത് വൽഗതി പരെ വൽഗതത്വവും ആ പരവുമായ തത്വത്തെ പ്രാപിക്കുമ്പോൾ മനസ്സെവിടെയെങ്കിലും അടങ്ങണം അതിനുവേണ്ടി സാറുള്ള അദ്വൈതീ പറയുന്ന പോലെ മനസ്സിന് അടങ്ങുന്ന ആധാരമുണ്ട് അതാണ് ആ പരവുമായ തത്വം അവിടെ മനസ്സൊടുങ്ങുന്നു അവിടെയെല്ലാം അദ്വൈതത്തിൻ്റെ അതേ നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സമാഭോഗി ഭൂതാസു അഖില കലനാധിഷ്ടിഷു കലധാതു പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കലക്ഷേപേ കലസംഖ്യാനി കലഗതവും നിരവധി അർത്ഥങ്ങൾ കലധാതു ധാതുവാർത്തി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്ഷേപാർത്ഥം കൊടുക്കുന്നു അപ്പൊ വിക്ഷിപ്തമായിരിക്കുന്ന ഈ ദൃഷ്ടി നിർമ്മിച്ചവർക്ക് മനോവർത്തികൾ അഖിലവും സമാഭോഗിഭൂതാസ് ശ്രമ അനുഭവത്തിലായിരിക്കും ഭോഗം അനുഭവം ഭോഗി അനുഭവത്തോടുകൂടി മനസ്സിൽ വരുന്നവരൊക്കെ രസമേ എന്താണ് ശ്രമം എന്ന് പറയുന്നത് സമം മിക്ക ശാന്തിയാണ് ഇവരൊക്കെ ധരിക്കുകയും സമൂഹ പരമി ശാന്തി കുറിച്ചാവുക വലിയ അർത്ഥം മനസ്സിൽ ഭാവിക്കുന്നു മനസ്സെന്ത് ചെയ്യുന്നു ശാന്തമായി തീരുന്നു സമമാകുന്ന അനുഭവത്തോടുകൂടി ഇതായിത്തീരുന്നു മനസ്സ് മനസ്സ് ശാന്തമായി തീരുന്നു എല്ലാ ചിത്തവൃത്തികളും എന്ത് ചെയ്യുന്നു ശ്രമമാകുന്ന അവസ്ഥയിലെത്തിച്ചേരുന്നു കലനാദൃഷ്ടികളെല്ലാം വിക്ഷിപ്തമായിരിക്കുന്ന വൃത്തികളെല്ലാം തന്നെ സമം ശാന്തമായ അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സ് ശാന്ത അനുഭവമായി ഇരിക്കുന്നു സമം യാതി സ്വാതരണഘടനാസ്വാദിതരസം ധിയ ദൃഷ്ടേത്വത്തെ സമം യാകി സമത്വത്തെ പ്രാപിക്കുന്നു സമത്വത്തെ പ്രാപിക്കുന്നതൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വൈഷമ്യങ്ങൾ ഇല്ലാതായി മനസ്സിന്റെ വൈഷമ്യങ്ങൾ എല്ലാം യാത്ര പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനോടും പ്രാപിക്കാനും ആത്മാവുന്ന ശുദ്ധമായ ഒരു രസമാണ് എവിടെയെങ്കിലും പോയി പ്രാപിക്കുക അപ്പോ സമത്തെ പ്രാപിക്കുക എല്ലാ വൈഷമ്യങ്ങളും ഉടങ്ങുക എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ അവസ്ഥയാണ് എങ്ങനെയുള്ള മനസ്സ് സ്വാതന്ത്രണ ഘടന ആസ്വാദിത രസം ഘടന എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നു തന്റെ തന്നെ അന്ധകരണത്തിന്റെ പ്രവൃത്തികളിലൂടെ രസം ആനന്ദത്തെ ആസ്വാദിതമായിരിക്കുന്ന മനസ്സ് തൻ്റെ തന്നെ അന്ധക്കരണത്തിന്റെ പ്രവൃത്തികൾ എന്താണ് അതാണ് നമ്മൾ പറയുന്നത് വിചാരിയായ സർത്ഥം അരുന്മാരോട് ചേർന്ന് വിചാരം ചെയ്യുന്നതിലൂടെ തന്റെ മനസ്സിന് കൈവരുന്ന എന്തോ അത് എന്നെ പറയാൻ അതാണ് അന്ധകരണഘടന എന്ന് പറയുന്നത് അപ്പൊ അന്ധകരണത്തിന്റെ ഘടന മാറുന്നു ഘടന രൂപം അത് മാറുന്നു അത് മാറിയിട്ട് എന്ത് ചെയ്യുന്നു ആസ്വാദിത രസം ശാന്തിയുടെ രസം ആസ്വദിച്ചിട്ട് അത് സ്വയം ശാന്തമായി മാറുന്നു ഇതിൻ്റെ വിചാരം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിന്റെ ഭാവന കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ എന്താണോ സംഭവിക്കുന്നത് ഇതെല്ലാം എന്താണോ സ്വന്തം മനസ്സിലാണെന്നുള്ള തിരിച്ചറിവ് അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം അല്ല ബാഹ്യമായി ഇവിടെ നിന്ന് സംഭവിക്കരുത് പുറമെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് പരമാവധി സംഭവിച്ചാൽ തന്റെ മനസ്സ് സംഭവിക്കും തന്റെ മനസ്സിൽ സംഭവിക്കുമ്പോൾ അതിന്റെ ഒരു സ്വാധീനം തന്റെ ശരീരത്തിലും വരാം അതിനപ്പുറം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിഞ്ച് പോലെ പുറമെ ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നു എന്നുകൊണ്ട് ഈ പറയുന്നതെല്ലാം തന്റെ ആന്തരികമായ തൻ്റെ മനസ്സിൻ്റെ പരസത്തെക്കുറിച്ചും ശമത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഒക്കെ പറയും നമ്മൾ ഈ പ്രപഞ്ചത്തെ എന്തെങ്കിലും ചെയ്തു കളയും എന്നു വിചാരിക്കുന്നു പ്രപഞ്ചത്തിന് നോക്കിയിട്ട് ഇവിടെയാണെന്തോ സംഭവിക്കുന്നതെന്ന് കരുതലാണ് എന്ന് വെച്ചാൽ നേരെ പറഞ്ഞാൽ പ്രപഞ്ച സ്വപ്നമാണ് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളാണ് മനസ്സിനെ സംഭവിക്കാം ഈ പറയുന്ന അറിവുണ്ട് അത് ശരിയാണ് മനസ്സിനെ ശമിപ്പിക്കുന്ന എന്തറിവും മനസ്സിന് വന്നാലും മനസ്സിന് ശ്രമിക്കും മനസ്സ് സമാധാനമാണ് ഒരാള് അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും വേർപെട്ട ദുഃഖം കൊണ്ട് വരിക്കുകയോ പിന്നെ നിലവിളിക്കുമ്പോൾ നമ്മൾ അടുത്തിട്ട് തോളിലൊക്കെ തട്ടിട്ട് സാരങ്ങളുണ്ട് സമാധാനപ്പെടു സമാനപ്പെടുന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ശമം ജാതി സമത്തെ പ്രാപിക്കുന്നുണ്ട് എന്തുകൊണ്ട് അപ്പോ സമാധാനത്തിന്റെ വാക്കുകളിലൂടെ അയാൾ സമാധാനത്തിന്റെ അറിഞ്ഞെത്തിച്ചു മനസ്സിൽ സമാധാനിക്കും മനസ്സിന് ശമം കൈവരും നമ്മുടെ നിത്യജീവിതത്തിന് അനുഭവമുള്ള കാര്യമാണ് ഇവിടെയും പറയുന്നത് എന്താണ് വിചാരി ആര്യസ്വാർത്ഥം ആര്യന്മാരോടുകൂടി വിചാരം ചെയ്തു കാശം ഈ അറിവ് ഉള്ളിൽ വരുമ്പോൾ അവനവന്റെ മനസ്സിന് ശാന്തി ഉണ്ടാവും അത് ഇഷ്ടപ്പെടുന്ന മനസ്സാണെങ്കിൽ അന്നുകൂടെ പറയുന്നു എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങൾക്കും ഇതാണ് മറം വരുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് പറ്റില്ല ഇതിനനുകൂലമായൊരു മനസ്സാണെങ്കിൽ ഇതിലൂടെ തൻ്റെ തന്നെ മനസ്സുകൊണ്ട് ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞതാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ധീ എന്ന് പറയുന്നത് തൻ്റെ തന്നെ മനസ്സായി അന്യന്റെ മനസ്സുകൊണ്ട് തനിക്ക് പ്രയോജനമില്ല ഇക്കാര്യത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രയോജനപ്പെടും ഭൗതികമായ കാര്യങ്ങളിലൊക്കെ പ്രയോജനപ്പെടും പക്ഷെ ഇത് തന്റെ മനസ്സിൽ തന്നെ സംഭവിക്കുന്നു മറ്റു മനസ്സുകൾ സഹായിക്കുന്നില്ല സഹായിക്കത്തില്ലെന്നാണ് പറയുന്നത് സംഭവം സംഭവിക്കേണ്ടത് തന്റെ മനസ്സിലാണ് യത് ഭാവ എഴുതി തദ്വോതി അത് മനസ്സിന്റെ പ്രത്യേകത നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് അത് മനസ്സിൽ സംഭവിക്കും ഭാവനമാണ് മനസ്സിൽ സംശയം മറ്റുള്ളവരുടെ മനസ്സ് നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ഭാവന എവിടെ വരണം സ്വന്തം മനസ്സിൽ തന്നെ അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് വിചാരിയാര് പക്ഷെ സംഗതി തന്റെ മനസ്സിൽ സംഭവിക്കുന്നതിനാണ് പറഞ്ഞത് ധിയ ദൃഷ്ടി തത്വ തന്റെ തന്നെ മനസ്സുകൊണ്ട് എന്താണോ ഈ തത്വജ്ഞാനം ദൃഷ്ടി എന്ന് പറയുമ്പോ എപ്പോഴും എടുക്കുന്ന അറിവാണോ എന്തുകൊണ്ട് പ്രേക്ഷ അപ്പോൾ ആ അറിവുണ്ടായിക്കഴിയുമ്പോൾ പിന്നെ ബാക്കി പറഞ്ഞത് തന്നെയാണ് ജാഗതം ഇതം അടണം രമണം ജീവിതം എന്ന് പറയുന്നത് ഒരു വിനോദമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു വിനോദമാണല്ലോ അങ്ങനെയാണെങ്കിൽ ജീവിക്കുമ്പോൾ ഇതൊരു വിനോദമാണെങ്കിൽ സംശയവും വേണ്ട പക്ഷേ ഒന്ന് വേണം എന്താണ് നമ്മുടെ മനസ്സതിനനുകൂലിക്കും എന്നാൽ ഈ പറയുന്നത്